മലക്കുകളോട് ആദം അലിഹിസ്ലാമിന് സാഷ്ടാംഗം ചെയ്യുവാൻ നാം കൽപ്പിച്ച സന്ദർഭം ഓർക്കുക ഇബിലീസിനൊഴികെ എല്ലാവരും സാഷ്ടാംഗം ചെയ്തു അവൻ പറഞ്ഞു മണ്ണിൽ നിന്ന് നീ സൃഷ്ടിച്ച ഞാൻ സാഷ്ടാംഗം ചെയ്യണമോ